ൊന്ന് കിമർത്ഥം വിധം അസഹത്വ ചെല ചില വിധം എന്ന് പറഞ്ഞാൽ സമത്വം അതിന് അസഹത്വം പലതവണ കിമർത്ഥം ചെറിയ പറയുന്നത് ിലംബങ്ങളാണ് സമത്വം യോഗയ സമത്വത്തെ ആവർത്തിച്ചു പറയുന്നു മറുപടിയായിട്ടാണ് ഈ നാപ്പത്തിഒൻപത് കർമ്മ ബുദ്ധി യോഗ ധനഞ്ജയ ബുദ്ധിയോഗ അപരം കർമ്മം പോലീട്ടു എന്താണ് അവരം കർമ്മങ്ങളോട് വിശദീകരിച്ചു ബുദ്ധവും ശർമ്മ വഹിക്കും കൃപണാം ഫലവേദം അത് വ്യാഖ്യാനിക്കുന്നു യോഗം പ്രധാന ഫലത്യാകാംക്ഷയോ അവാന്തരഫല സിദ്ധ്യസിദ്ധ്യോഹോ സമത്വ വിശേഷിച്ച ബുദ്ധിയോഗ ബുദ്ധിയോഗത്തെ ഇവിടെ രണ്ട് ഭാഗങ്ങൾ പറയുന്നു ഒന്ന് പ്രധാനമായ ഭരത്യാഗം അത് കർമ്മ ദൈവാധികാര സ്ഥിമാഭലേഷ കർമ്മഫലേ യോഗവും മാദേവസ്വസ്ഥി അവിടെ അത് വിശദീകരിച്ചു അവർ വിശദമായിട്ടുള്ള ഫലത്യാഗത്തെ കുറിച്ചു ബുദ്ധിയോഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഫലത്യാഗം അപാന്തര ഫലം പ്രധാന ഫലം പ്രധാന ഫലത്യാഗം അവാന്തരഫലം എന്താണോ സിദ്ധ്യസദ്യോസമ അത് മുമ്പ് പറഞ്ഞു സിദ്ധ്യസദ്യോസമ ഇത് രണ്ടുമാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത് പ്രധാന ഫലത്യാഗം കർമ്മത്തിനൊരു മുഖ്യഫലമുണ്ടാകും ഫലത്യാഗമാകുന്നു സിദ്ധിയിലും അസിദ്ധിയിലും ബുദ്ധിസ്വമുമായി അത് കഴിഞ്ഞ ബന്ധത്തിൽ വിശദീകരിച്ചു ഇതിന് രണ്ടിനെ ചേട്ടാണ് ബുദ്ധിയോഗം അതിനൊരു ഫലം ത്യാഗത്തിൻ്റെ ഭാവമാണ് ശ്രദ്ധിയിലും അസ്ഥിതിയിലും ബുദ്ധിയുടെ സമത്വം തദ് കർമ്മങ്ങളാണ് ഇത് രണ്ടുമുള്ള കർമ്മങ്ങൾ കുഞ്ഞുകൾ ബലത്തിലും അസ്ഥിതിയിലും സമ ആണെങ്കിൽ ഇത്തരം കർമ്മങ്ങൾ ഇത്തരകർമ്മം മറ്റു കർമ്മങ്ങൾ ദൂരേണ അമജം അപരം അമരം എന്ന് വെച്ചാൽ നികൃഷ്ടമാണ് വളരെ നികൃഷ്ടമാണ് അത് വിശദീകരിക്കും എന്താണ് ഈ ദൂരെയുള്ള അപരം എന്ന് പറയുന്നത് മഹദിനം തയോരം ഉത്കർഷ അപകർഷനൊന്നും ഇല്ല രണ്ടിനും ഉത്കൃഷ്ടമാണോ മറ്റൊന്ന് അപകഷ്ടോ അങ്ങനെയുള്ള ഭേദമുണ്ട് ഇതാണ് പറഞ്ഞ ദൂരെ നാഗരം രണ്ടുനോട് വലിയ അന്തരമാണ് അതായത് ബുദ്ധിയോഗം ഉള്ള കർമ്മവും അല്ലാത്ത കർമ്മം അതെന്താണോ വിശ്വസിക്കുന്നത് ബുദ്ധിയോഗ യുക്തം കർമ്മ നിഖിത സാംസാരിക ദുഃഖം വിനിവർത്തി പരോപുരുഷാർത്ഥ ലക്ഷണം ച മോക്ഷം ഭാവി അത് ബുദ്ധിയോഗത്തോടുകൂടിയ ഫലത്യാഗം അല്ലെങ്കിൽ സമത്വ ബുദ്ധി അങ്ങനെയുള്ള കർമ്മങ്ങൾ നിഖില സാംസാരിക ദുഃഖം സാംസാരിക ദുഃഖങ്ങളെയും വിനുവർദ്ധിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് പരമപുരുഷാർത്ഥ ലക്ഷണം മോക്ഷം ഉണ്ടാകുന്നു പരമപുരുഷാർത്ഥം ആകുന്ന മോക്ഷത്തെ നൽകുന്നു ഇതാണ് ഗീത എന്ന് പറയുന്നതിന് മോക്ഷശാസ്ത്രം കളിശാസ്ത്രത്തിൻ്റെ പരമമായ താല്പര്യം മോക്ഷത്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനോടൊപ്പം വരുന്നതാണ് പക്ഷേ മുഖ്യം മോക്ഷമാണ് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം തന്നെ മോക്ഷശാസ്ത്രം അവിടെ മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മറ്റ് പല കാര്യങ്ങളും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മോക്ഷശാസ്ത്രം എന്നുള്ളതിനൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ് വ്യാഖ്യാനം അങ്ങനെയാണ് എല്ലാം മോക്ഷത്തിലുണ്ട് കർമ്മം ചെയ്യുന്നത് മോക്ഷത്തിലുണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് മോക്ഷത്തിൽ ലക്ഷ്യം മോക്ഷം അതുകൊണ്ടാണ് പറയുന്നത് മഹിത സാംസാരിക ദുഃഖം വിനിക എല്ലാ സാംസാരിക ദുഃഖങ്ങളെയും മാറ്റിയിട്ട് പരമപുരുഷാർത്ഥ ലക്ഷണം മോക്ഷം ഇത് ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിൽ ീതയെ വ്യാഖ്യാനിച്ച് ഓരോ ആചാര്യന്മാർക്കും അഭിപ്രായ വിവാസം ഗീതമോക്ഷശാസ്ത്രമാണ് അത് യുദ്ധം ചെയ്യാൻ പറഞ്ഞാലും ശരി യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞാലും ശരി ഹിംസയെക്കുറിച്ച് പറഞ്ഞാലും ശരി ഹംസയെക്കുറിച്ച് പറഞ്ഞാലും ശരി അതിനെങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി അദ്വൈതമായാലും ഇഷ്ടാദ്വൈതമായാലും അദ്വൈതമായാലും ഗീതമോക്ഷശാസ്ത്രമാണ് ീത് മാത്രമല്ല ഉപനിഷത്തുകൾ മോക്ഷശാസ്ത്രമാണ് നമ്മുടെ ദർശനങ്ങളും പാശ്ചാത്യ ചിന്തയുമായിട്ടുള്ള തത്വചിന്തകളുമായിട്ടുള്ള വ്യത്യാസം തത്വചിന്ത എന്ന് പറയുമ്പോൾ അത് മോക്ഷശാസ്ത്രമാണ് മോക്ഷത്തെക്കുറിച്ചത് ചിന്തിക്കുന്നവർ കണ്ടെന്നിരിക്കും പക്ഷെ അത് മോക്ഷശാസ്ത്രമാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാ ദർശനങ്ങളും മോക്ഷശാസ്ത്രം അതൊരു വലിയ വ്യത്യാസം പരമപുരുഷാർത്ഥമാകുന്ന മോക്ഷത്തെ പ്രാപിക്കുന്നു എവിടെയും പറയുന്നു മോക്ഷം പരമപുരുഷാർത്ഥമാണ് സംഗ്രഹലോകനം എന്ന് പറയുന്നത് മോക്ഷം പരമപുരുഷാർത്ഥമാണ് പക്ഷെ എന്താണ് ഈ പരോപൃഷ് നമ്മുടെ ഒരുപാടാണ് അവരെല്ലാം തമ്മിൽ തെറ്റുന്നത് തെറ്റുക എന്ന് പറഞ്ഞാൽ ശക്തമായി വിയോജിക്കുന്നു ഒരു തരത്തിൽ സമന്വയിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ വിയോജിക്കുക ഇതര അപരിമിത ദുഃഖരൂപം സംസാരം മറ്റ് കർമ്മങ്ങൾ ബുദ്ധിയോ ഇല്ലാത്ത കർമ്മങ്ങൾ കേവല കർമ്മങ്ങൾ എന്ന് ചന്ദ്രചന അതെല്ലാം എന്താണെങ്കിലും അപരിമിത ദുഃഖരൂപ സംസ്ഥാനം അപരിമിതമായ ദുഃഖത്തെ ഉണ്ടാക്കുന്ന സംസാരം വെച്ചാൽ ജനന മരണങ്ങൾ അപ്പോ രണ്ട വ്യത്യസ്തമാക്കി ഏതാണോ സംസാരത്തിന് കാരണമായിരിക്കുന്നത് അത് അപരം കർമ്മ നിദിഷ്ടമായ കർമ്മ ഏതാണോ മോക്ഷത്തിന് ഉപകരിക്കുന്നത് അതാണ് ബുദ്ധിയോഗത്തോടുകൂടിയ കർമ്മം അത് രണ്ടിനെയും ഉപയോഗിച്ചു പറഞ്ഞു അത് കർമ്മിക് പ്രിയമായി മുക്തായ ഉത്തവും ശരണം അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിയിൽ ശരണം പ്രാണിക്കൂ ബുദ്ധുവിൽ ശരണം വന്നിച്ചു ശരണം വാസസ്ഥ ശരണത്തിന് പല അർത്ഥമുണ്ട് ഉപായ ഗൃഹരക്ഷിതോ ശബ്ദശരണമെങ്കിൽ തന്നെ ഉപായ മാർഗം എന്നർത്ഥമുണ്ട് വീടെന്നുള്ള അർത്ഥമുണ്ട് രക്ഷിതാവെന്നുള്ള അർത്ഥമുണ്ട് ഇങ്ങനെയുള്ള പല അർത്ഥങ്ങളും ശരണശബ്ദത്തിനുണ്ട് അപ്പൊ ഇവിടെ വാസസ്ഥാനം നടത്തുന്ന സംസ്കൃതത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ശബ്ദമാണ് ത്വാമഹം ശരണം പ്രകൃതി സ്തോത്രങ്ങൾ എല്ലാം ധാരാളം ശരണം പോയി അവിടെയൊക്കെ പൊതുവെ ശരണം എന്ന് പറഞ്ഞാൽ രക്ഷിതാവുന്ന അർത്ഥമാണ് സ്വാമിയെ ശരണംയ്യപ്പ അയ്യപ്പൻ എന്റെ ശരണം എന്ന് പറഞ്ഞാൽ എന്റെ രക്ഷിതാവാണ് എന്റെ രക്ഷകനായി എന്റെ രക്ഷകന്യാണെന്നുള്ള അർത്ഥത്തിലാണ് ശരണം ബുദ്ധസാഹിത്യത്തിനും വളരെ പ്രാധാന്യമുള്ള സംബന്ധമാണ് ശരണം ഹൈന്ദവ സാഹിത്യത്തിനും ശരണം സ്വന്തത്തിന് ഒരുപാട് പ്രചാരം ട്രെൻഡിലുണ്ട് സ്വാമിയെ ശരണം അയ്യപ്പ എന്നുള്ള ഇവിടെ നിലവിളി അത് ബുദ്ധസമ്പ്രദായവുമായിട്ട് ബന്ധപ്പെടാനാണ് കൂടുതൽ സാധ്യത മറ്റ് ഹിന്ദു ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഉച്ചത്തിൽ നിലവിളിക്കാറുണ്ട് ശരണം അയ്യപ്പ എന്ന് വിളിക്കുന്ന ശരണം വിഷ്ണു ശരണം ശിവ അങ്ങനെ വിളിക്കാറ് പക്ഷേ ബൗദ്ധന്മാർക്ക് ഇവിടെ നിർബന്ധമാണ് അതുകൊണ്ട് സംസ്കൃതത്തിന് ശബ്ദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രയോഗം നോക്കുമ്പോൾ അതിന് ബുദ്ധ ധൈര്യമായിട്ടാണ് ബന്ധം ഇവിടെ പറയുന്നത് വാസസ്ഥാനം എന്നുള്ള അർത്ഥം തസ്യാമയോ ബന്ധോ അർപ്പിച്ചു ആ ബുദ്ധിയിൽ നിലനിൽക്കുക ആ ബുദ്ധിയിൽ വസിക്കുക സമത്വ ബുദ്ധിയിൽ വസിക്കുക എന്നുള്ളത് സമത്വ ബുദ്ധിയിൽ നിലനിൽക്കുക വസിക്കുക എന്ന് ബുദ്ധി നിലനിൽക്കുക അല്ലെങ്കിൽ സമത്വ ബുദ്ധിയെ നിലനിർത്തുക ആ കർമ്മങ്ങളിൽ സമത്വ ബുദ്ധിയെ നിലനിർത്തുക സത്യസന്ധിയോ സമൂഹമാണ് ബുദ്ധവും ശരണം അന്വേഷിച്ച ഇവിടെയൊന്നും ശങ്കരാചാര്യ വ്യാഖ്യാനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല താല്പര്യത്തിൽ എല്ലാം ഒന്നുപോലെ കൃപണാ ഫലമേ അവസാനമാണ് ഫലസങ്കാതനാ കർമ്മുർ കൃപണ സംസാരനോ പവേയോ കൃപിണൻ എന്ന് പറഞ്ഞാൽ സാധാരണ പിശുക്കൻ സ്വാർത്ഥൻ നഗണന്റെ അർത്ഥം സംഗ്രഹത്ത് പറഞ്ഞു കൃപണൻ ആത്മാവിനെ അറിയാതെ അജ്ഞൻ എന്നാണ് ഇവിടെയും പറയുമ്പോൾ വെച്ചാൽ സംസാരിയായിത്തീരും കൃപണ ഫലഹേതമഹ ഫലസംഘം തോടുകൂടി കർമ്മം ചെയ്യുന്നവർ സംസാരത്തിൽ സംസാരികളായി ജനന മരണങ്ങളിൽ നിന്നും മോചിപ്പില്ല അതിന് വിശേഷിച്ചൊന്നുമില്ല ഇതൊക്കെ തന്നെയാണെങ്കിൽ വ്യാഖ്യാനത്തിൽ വരുന്നത് അടുത്തുവരുന്നു ബുദ്ധിയുക്തോ ജഹാദീഹം സുഹൃത്തുഷ്ടസ്മാ യോഗായുക് യോഗം ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനം വളരെ ലളിതമാണ് അതുകൊണ്ട് വ്യാഖ്യാതാക്കൾക്കെല്ലാം പൊതുവെ യോജിപ്പാണ് സാരാംശത്തിൻ്റെ എല്ലാ വ്യാഖ്യാതാക്കളും ഉള്ളത് എന്ന് പറയും ബുദ്ധിയോഗ യുക്തസ്തു കർമ്മകർമാണോ ബുദ്ധിയോഗത്തോടുകൂടി കർമ്മം ചെയ്യുന്നു സുഹൃദ ദുഷ്ടത്തെ സുഹൃത്തെയും ദുഷ്ടത്തെയും പുണ്യത്തെയും പാപത്തെയും അനാദികാല സഞ്ചരി അനാദികാലമായി സഞ്ചരിച്ചിരിക്കും അനന്ത അനന്ത ചളവറ്റ ബന്ധഭേദഭൂതേ അനേക ജന്മങ്ങൾക്ക് കാരണമായ ബന്ധം ജന്മങ്ങളാണ് അതിന് ജഹാദി ഇവിടെ പറയുന്ന ബുദ്ധിയോഗം സമത്വ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്നവൻ അനാദിയായിരിക്കുന്ന പുണ്യഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു അപ്പൊ മോക്ഷപ്രാപ്തിയാണ് ഇവിടെയും വിഷയം അതിന് ഇവിടെ പ്രത്യേകിച്ച് പറയുന്ന കാര്യം പുണ്യഭാവങ്ങൾ അനാദി കാലസഞ്ചിതം എന്നാണ് അനാദി കാലസഞ്ചിതം എന്ന് പറഞ്ഞാൽ അനാദിയായ ജന്മങ്ങൾ ഇവിടെ ഈ ജന്മം അതിനെന്താ കാരണം പൂർവജന്മത്തിലെ പുണ്യഭാവങ്ങൾ അതിനെന്താ കാരണം അതിനു നിന്നത്തിലെ പുണ്യഭാഗങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പിറകോട്ട് പോയിക്കഴിഞ്ഞാൽ അവിടെ അന്ധപരമ്പര എന്ന് പറയും പ്രദോഷം അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനൊന്നും വന്ന് അതിനൊന്നും വന്ന് വീണ്ടും ഒരേ കാര്യം ആവർത്തിക്കേണ്ടി പോയി ഇന്നത്തെ ഈ ജന്മം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു യുക്തിയാണ് പറയും പൂർവജന്മം അതൊരു യുക്തിയാണ് ഈ ജന്മത്തിന യുക്തിയാണ് പൂർവ്വജന്മെങ്കിൽ ആ പൂർവ്വജന്മത്തിന് ഒരു യുക്തി പറയുന്നത് അതെന്റെ പൂർവത്തിന്റെ ജന്മം ആ ജന്മത്തിനോ അതിന്റെ പൂർവ്വം ഇത് ഏതൊരു പറയാൻ അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ ഒരു ദോഷമാണ് അന്ധപരമ്പര എന്ന് വെച്ചാൽ ഇത് അന്ധമായി ഇങ്ങനെ ഒഴിക്കൊണ്ടേ ഇല്ല ഒരു അവസാന ഉത്തരം കിട്ടാതിരിക്കും അങ്ങനെ ഒരു പ്രശ്ന എന്നുവെച്ചാൽ യുക്തിയുടെ ഒരു പരിമിതിയാണ് അത് ശരിയായ യുക്തി എന്താ യുക്തി എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ വ്യക്തിയിലൂടെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അത് വ്യക്തത വരും ഇത് വ്യക്തതയിൽ അവ്യക്തമായി ഇനി വ്യക്തത വേണമെങ്കിൽ എന്ത് വേണം ഒരു തുടക്കം വേണ്ടി ആ നിന്റെ ജന്മം അതിനുശേഷം ഈ ജന്മം അപ്പൊ ആ ആദ്യത്തെ ജന്മം അതിനുശേഷം ഉണ്ടാവാത്ത അങ്ങനെ പറയേണ്ടി അപ്പൊ പിന്നെ ആദ്യത്തെ ജന്മ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിൽ ഉത്തരം പറയാൻ കഴിയത്തില്ല അവിടെയെന്ന് പറയുന്നത് അനാദി നാദിയാണ് തുടക്കമു നാദി എന്ന് പറയുന്ന യുക്തിയുടെ ഒരു പരാജയമാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു യുക്തിയാണോ ഉപയോഗിച്ചത് ജന്മം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നതിലും അതേ യുക്തി തന്നെ പരാജയപ്പെട്ടു അതിനാദികൾ പക്ഷെ അതിന് പൊതുവെ എല്ലാ ദാർശനികളും അതിനീകരിക്കുന്നു വേറെ നിവർത്തിയില്ല യുക്തി പ്രവർത്തിക്കുന്നു ഇവിടെയാണ് ശങ്കരാചാര്യ രണ്ടും പറയും ശങ്കരാചാര്യ അനാദി എന്ന് നിരവധി സ്ഥലങ്ങളിൽ പറയും ചില സ്ഥലങ്ങളുടെ അന്ധപരമ്പരം അനാദിയെ തന്നെ എനിക്ക് അനാദിയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല അതിവിടെ പറയുന്നത് ശങ്കുദായരുടെ സിദ്ധാന്തത്തിൽ പലയിടത്തും വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വളരെ സ്പഷ്ടമായ വൈവിധ്യങ്ങളുണ്ട് ഒരിടത്ത് പറയുന്നതല്ല ഒരിടത്ത് പറയുന്നു ഈ ജന്മത്തിന് കാരണം എന്താണ് പൂർവജന്മത്തിലെ കർമ്മങ്ങൾ അതിശയിൽ പൂർവജന്മത്തിലെ കർമ്മങ്ങൾ എങ്ങനെ ഉണ്ടായി കർമ്മത്തിന്റെ കർത്താവ് ആരാണ് ആത്മാവ് കർമ്മം ചെയ്തു അത് ശങ്കരായത് അംഗീകരിക്കില്ല ആത്മാവ് കർമ്മം ചെയ്തു ആത്മാവ് കർമ്മം എന്ന് പറയുന്നത് അനാദിയായ മിഥ്യാപ്രവാഹമാണ് സംഗ്രഹത തന്നെ കർമ്മവും കർമ്മത്തിന്റെ ഫലമായ ജന്മവും ഒരു മിഥ്യാപ്രവാഹമാണ് അതിൽ ആത്മാവ് ഒരു പങ്കുവില്ല ആത്മാവ് കർത്താവുമില്ല ഭക്താവും ഈ കഴിഞ്ഞ സംഗ്രഹം എന്ന് പറയുന്നത് അനാധീനം ആ രീതിയിലുള്ള അനാധിപത്യത്തെ അംഗീകരിക്കും പക്ഷെ ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ അവിടെ അംഗീകരിക്കുന്നു ആത്മാവും കർമ്മം ചെയ്യുക ആത്മാവ് ഫലത്തെ അനുഭവിക്കുന്നില്ല ഈ കർമ്മഫലം എന്ന് പറയുന്നത് മിഥ്യാണ് മിഥ്യയായിട്ടുള്ള പ്രവാഹം അല്ലെങ്കിൽ മായ അല്ലെങ്കിൽ അവിദ്യ അങ്ങനെ പറഞ്ഞാൽ അനാവേശിക എന്നാൽ ചിലത് പറയുന്നത് എന്താണ് അങ്ങനെയല്ല ന്യായവൈശേഷിയന്മാരും മറ്റും പറയുന്നു അവർ പുനർജന്മത്തെ അംഗീകരിക്കുകയും പൂർവജന്മത്തിൻ്റെ കർമ്മം കൊണ്ട് തന്നെ ഈ ജന്മം ഉണ്ടായി ഈ ജന്മത്തിലെ കർമ്മഫലങ്ങളെന്നാൽ ആത്മാവ് അനുഭവിക്കുന്നു പൂർവജന്മത്തിൽ ഏത് ആത്മാവാണോ കർമ്മം ചെയ്തത് ആ കർമ്മം ആ ആത്മാവ് തന്നെ കർമ്മഫലം അനുഭവിക്കും അപ്പൊ കർമ്മം ചെയ്യുന്നത് ആത്മാവ് ഫലം അനുഭവിക്കുന്നതും ആത്മാവ് ഈ കർമ്മവും ഫലവും എന്ന് പറയുന്നത് തുടക്കം ഇവിടെ നിന്ന് ഇത് അനാദിയാണ് ഇത് നിത്യമല്ല യഥാർത്ഥം അനാദിയായി ആത്മാവ് കർമ്മം ചെയ്യുന്നു ആത്മാവ് തന്നെ അതാണ് ജന്മവും മരണവും ഇങ്ങനെ പറയുകയും ഇങ്ങനെയാണ് പൂർവക്ഷികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അനാദിയായ കർമ്മപ്രവാഹം ഒരിക്കലും മിഥ്യദാർത്ഥമാണ് മുക്തി വരെയൊന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യ പറയും നിങ്ങൾ പറയുന്ന അന്തപുരം പറയും കർമ്മത്തെ മിഥ്യയായിട്ട് അംഗീകരിക്കാം പക്ഷെ ആത്മാവിനും കർമ്മത്തെ അംഗീകരിക്കാൻ പറ്റില്ല ഫലത്തെ അംഗീകരിക്കാൻ പറ്റില്ല ആത്മാവ് നിർഗുണമാണ് പക്ഷെ എന്നിട്ടും ആത്മാവ് കർമ്മം ചെയ്യുന്നു ആത്മാവ് ഫലം അനുഭവിക്കുന്നു ഇത് അനാദിയാണെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രകടമായി ഒരിടത്ത് ശങ്കരാചയത്തിൽ അംഗീകരിക്കുന്നു ജന്മകർമ്മങ്ങളെല്ലാം അനാദിയാണ് ഒരിടത്ത് ഒരു വർഷം പറയുമ്പോൾ പറയുമ്പോൾ അതന്തപരം വരും എന്താ ഇങ്ങനെ രണ്ടു വർഷം നിലപാട് നിലപാട് എടുക്കാവുന്നതാണ് രണ്ട് വിരുദ്ധമായ നിലപാട് സംവിധായകൻ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് വൈകിട്ട് അനാദി എന്ന് പറയുന്നത് തന്റെ സിദ്ധാന്തത്തിന് അനുകൂണമാണെങ്കിൽ ആ വിഷയമൊക്കെ സംഭവിച്ചു രണ്ട് സിദ്ധാന്തത്തിന് യോജിക്കുന്നുണ്ടെങ്കിൽ അനാധികാരന്റെ അന്തപരമ്പര ഇതാണ് വൈരുദ്ധ്യം അതുപോലെ പലതും ഉണ്ട് ഇത് പറയുന്ന ബ്രഹ്മസൂത്രം നാലാം സൂത്രത്തിന്റെ ഭാഷയിൽ അന്ധപരമ്പരയെ കുറിച്ച് പറയുന്നു ശങ്കരാചാര്യർ മിഥ്യയായി സ്വീകരിക്കുമ്പോൾ അനാദിയായി സ്വീകരിക്കും സത്യമായി സ്വീകരിക്കുന്ന മറ്റുള്ളവർ രണ്ടു പക്ഷത്തിലും അനാദിയായി സ്വീകരിച്ചവർ മിഥ്യയാലും സത്യമായ ശങ്കരായരുടെ അനാദിത്വത്തെ നിഷേധിക്കുന്നില്ല ശങ്കരായ പറയുന്നത് മിഥ്യയായ അനാദി അന്തപരമ്പരയല്ല അനാദി സത്യമാണെങ്കിൽ അന്തപരമ്പര രണ്ടിടത്തും ശങ്കരായ അനാദിയെ സ്വീകരിക്കുന്നു പക്ഷെ അനാദി എന്ന് പറയുന്നതിന് അന്ധപരമ്പരയാക്കി മാറ്റണം അതിന് അത് സത്യമാണെങ്കിൽ അന്ധപരമ്പര അത് തന്നെ അപ്പോ വൈരുദ്ധ്യം എന്ന് പറയുന്നത് എന്താണ് ഇതല്ലേ അനാദി എന്ന് പറയുന്ന ഒരാശയം തുടക്കമില്ല എന്ന് പറയുന്നതാണ് അനാദി എന്ന് പറയുന്നത് തുടക്കമില്ലേ അത് തന്റെ സിദ്ധാന്തത്തിന് യോജിക്കുമെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് തന്റെ സിദ്ധാന്തത്തിന് യോജിച്ചില്ലെങ്കിൽ അതിനീകരിക്കില്ല എന്ന് പറയുന്നത് വൈരുദ്ധ്യമാണ് അവിടെയാണ് വൈരുദ്ധ്യം അനാദി എന്ന് പറയുന്ന ആശയം അതിന്റെ അർത്ഥം തുടക്കമില്ല ശങ്കരാചാര്യർ പറയുന്നിടത്ത് അനാദിയെ സ്വീകരിക്കുന്നിടത്ത് അനാദിയെ സ്വീകരിക്കേണ്ടി വരുന്നത് കാര്യകാരണത്തെ അംഗീകരിക്കും കാര്യകാരണ പരമ്പര അംഗീകരിക്കും അപ്പൊ കാര്യകാരണമെന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറയും അത് ശരിയാണ് അത് വ്യാവരികമായ സത്യമാണ് കാര്യകാരണ പരമ്പര വ്യാവഹാരിക സത്യമാണെങ്കിൽ അതൊരു യുക്തിയാണ് ഒരു കാര്യമുണ്ടാവണമെങ്കിൽ കാരണമുണ്ടായ വ്യാവഹാരികമായ സത്യത്തെ അംഗീകരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നിലേക്ക് കാരണങ്ങൾ കാരണമെങ്കിൽ പിന്നിലേക്ക് പോയേ മതിയാവും ഇതെവിടെ ചെന്ന് അവസാനിക്കും അറിയില്ല അതറിയില്ല അപ്പോ വ്യാവഹാരികമായി കാര്യകാരണ പരമ്പരയെ സ്വീകരിക്കുകയും അതിന്റെ തുടക്കം അറിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനാണ് അനാദി എന്ന് പറയും അത് സ്വന്തം സിദ്ധാന്തത്തിൽ മാത്രം അനാദിയെ അംഗീകരിക്കുകയും മറ്റുള്ളവർ പറയുമ്പോൾ അന്ധപരമ്പര എന്ന് പറയുന്നത് വൈദഗ്ധ്യം എന്ന് പറയും പറയാൻ പറ്റും മിഥ്യയായതുകൊണ്ട് അത് അംഗീകരിക്കുന്നതിനുള്ള യുക്തി എന്താണ് കാരണം വ്യാവഹാരികമായ സത്യത്തെ അംഗീകരിച്ചാലേ കാര്യകാരണ ഭാഗമുള്ളൂ കാര്യകാരണത്തെ അംഗീകരിച്ചവരും സ്വന്തം പക്ഷത്തിലായാലും അപ്പൊ അവിടെ കാര്യകാരണങ്ങൾ അംഗീകരിക്കണം കാര്യകാരണങ്ങൾ ഇതിന്റെ തുടക്കം എന്നു പറയാൻ ആ പറയുന്നതാണ് ബാധ്യസ്ഥന സത്യമായാലും വ്യക്തിയായാൽ മറ്റുള്ളവർ പറയുന്നു ഈ സങ്കരാചാര്യം പറയുന്നത് ഇത്ര വ്യത്യാസമുണ്ട് മറ്റുള്ളവർ പറയും അത് യഥാർത്ഥമാണ് അവര് വ്യാവഹാരികം പാരമാർത്ഥികം എന്നുള്ളൊരു ഭേദം വഹിക്കുന്നു ശങ്കരാചാര്യം പറയുന്നത് വ്യാവഹാരികമായ സത്യമാണ് യുക്തി ഈ വ്യവഹാരികമായ സത്യത്തിന്റെ തുടക്കം എനിക്കറിയില്ല അനാധി തന്നെ പറയേണ്ടി ശങ്കരാചാര്യനും അനാധിത്വത്തെ അംഗീകരിക്കുന്നു അനാധിത്വത്തെ അംഗീകരിച്ചാൽ അന്ധപരമ്പരെ അംഗീകരിക്കാൻ കഴിയാതെ അതാണ് അവിടുത്തെ വൈരുദ്ധ്യം അന്ധപരമ്പര എന്ന് പറഞ്ഞാൽ എന്താണ് അനാദിയെ നിഷേധിക്കുന്നതാണ് അന്ധപരമ്പര പക്ഷെ സങ്കരാചാര്യെന്ന് പറയുന്നത് അനാദിയെ അംഗീകരിക്കും അനാദിയെ അംഗീകരിക്കുകയും അന്ധപരമ്പര എന്ന് പറയുമ്പോൾ ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് എവിടെയാണോ അനാദിത്വത്തെ അംഗീകരിക്കുന്നത് അവിടെ അന്ധപരമ്പര അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അനാദിയെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അന്ധപരമ്പര എന്ന് പറയുന്നത് ചാര് അനാദി അംഗീകരിക്കുന്നു അതേസമയം അനാദിയും നിഷേധിക്കുകയും ചെയ്യുന്നു അതിന് അത് യുക്തിവിരുദ്ധമായി കാര്യമാണ് ശങ്കരാചാര് പറയുന്ന അനാദി സത്യമോ മിഥ്യയോ ആയിക്കൊള്ളോട്ടെ അത് അനാദിയാണ് സത്യമായ സ്വീകരിച്ച് സങ്കരാചാരന് അനാദി എന്നോ കാര്യം കാരണം പരമ്പര അംഗീകരിക്കുന്നു അത് മിഥ്യയായാൽ അന്ധപരമ്പരയു സത്യമാൻ ിഥ്യായാൽ അനാദിയൊന്നും സത്യമായാൽ അന്ധപരമ്പര എന്ന് പറയുന്നിടത്ത് യുക്തിയില്ല താൻ തന്നെ അംഗീകരിക്കുന്ന അനാദിയെ താൻ തന്നെ അന്ധപരമ്പര എന്ന് പറയുന്ന യുക്തിയില്ല അപ്പൊ അത് അന്ധപരമ്പര എന്ന് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞാൽ വ്യവഹാരികമായി താൻ തന്നെ സമ്മർദ്ദിച്ച അനാദിത്വത്തെ നിഷേധിക്കുകയായിരുന്നു ഇപ്പൊ വ്യാവഹാരികമായി അനാഥിത്വത്തെ നിഷേധിച്ച് ശങ്കരാകാരൻ പറയേണ്ടി വരും ഞാൻ പറയുന്നു അന്ധപരമ്പരയാണ് മറ്റുള്ളവർക്ക് ചോദിക്കാം സത്യവും മിത്യ എന്നുള്ളതിലല്ലോ തർക്കം അനാദിയാണോ അന്ധപരമ്പരയാണോ എന്നുള്ളതിലാണ് തർക്കം ആ സത്യം മിഥ്യവും ഒരുപോലെയാണ് ശങ്കരാകരടുക്കുന്നത് ഇവിടെ കാര്യകാരണത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യം എന്ന് പറയുന്നവരും എന്ന് പറയുന്നു കാര്യത്തെയും കാരണത്തെയും അംഗീകരിക്കും മിഥ്യ എന്ന് പറയുന്നിടത്തോ എന്ത് ചെയ്യുന്നു ശങ്കരാ കാര്യത്തെയും കാരണത്തെയും അംഗീകരിക്കും അപ്പൊ കാര്യകാരണ നിയമങ്ങളെ രണ്ടു കൂട്ടരും അംഗീകരിക്കും കാര്യകാരണ നിയമത്തെ അംഗീകരിച്ചു ഞാൻ ആദ്യത്തെ കാരണവെന്നുള്ള ചോദ്യം അപ്പൊ ആ ചോദ്യത്തെ രക്ഷപ്പെടുന്നു ഒരേവരെ വഴിയേ ഉള്ളൂ അനാദ്യം സ്ഥീകരിക്കും അനുഭവം തന്നെ ഉണ്ടോ വ്യക്തി ശാസ്ത്രമുണ്ട് അനാദി ആരുടെ അനുഭവം ഈ യുക്തിക്ക് യാതൊരു അനുഭവമില്ല ഈ യുക്തി എന്ന് പറയുന്ന അറിവില്ലായിരുന്നു ആര് പറഞ്ഞല്ലോ അനാദി അറിവ് അനുഭവിക്കാൻ പറ്റും സ്വപ്നത്തിൽ നിന്ന് ജാതകത്തിൽ നിന്ന് വരുന്നത് എല്ലാവർക്കും തർക്കമുള്ള കാര്യമില്ല ഇത് പ്രപഞ്ചത്തിന്റെ അതങ്ങനെ പറയാൻ പറ്റും സ്വപ്നം ജാഗ്രത്വം എന്നൊക്കെ പറയുന്ന എന്താണ് മനുഷ്യന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അനുഭവ മനുഷ്യന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതീന്ദ്രിയമായ ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നിടത്താണ് ഏറ്റവും വലിയ യുക്തിഭംഗം നിങ്ങളുടെ അനുഭവത്തിനുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അനുഭവത്തിലുള്ള കാര്യങ്ങളെ സമ്മർദ്ദിക്കാൻ നിങ്ങൾക്ക് അനുഭവത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അനുഭവം അതീതമായ ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നത് യുക്തിരഹിതമാണ് അത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രജ്ജു സർപ്പത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം കയറ് സത്യമാണ് സർപ്പം യുക്തിയാണ് അതുപോലെ ബ്രഹ്മസത്യമാണ് ജഗത്ത് എന്നൊക്കെ പറയുന്ന പോലുള്ള പരമാബദ്ധമാണ് കയറ് സത്യമാണ് ഒരു സംശയമില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു ബ്രഹ്മ അങ്ങനെയല്ല അത് അവാനോ ഗോചരമാണ് കൈരസത്യം എന്ന് പറയുന്ന ബ്രഹ്മസത്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീരും അവിടേക്ക് യുക്തി പരാജയപ്പെടുകയാണ് ഈ പറയുന്നതിന് ദൃഷ്ടാന്തം നമ്മളേത് ദൃഷ്ടാന്തം എടുത്താലും ആദ്യമുള്ളതായിരുന്നു അനാധിപര്യ ദൃഷ്ടാന്തം കാണിക്കാൻ അത് വേറെ തകരാറാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെടുത്തിട്ട് അതിന്റെ എന്താണ് ഏതെങ്കിലും ഒരു അംശം ഞങ്ങൾ പറയുന്നത് പറയുന്ന സിദ്ധാന്തമായിട്ട് യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങളുടെ സിദ്ധാന്ത സ്ഥിതി എന്ന് പറഞ്ഞാൽ അതേ ദൃഷ്ടാന്തത്തിൽ ഒരുപാട് അംശങ്ങൾ നിങ്ങളുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമായി കാണും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിദ്ധാന്തവും അബദ്ധവും പറയാൻ അവസരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദാർശനികന്മാരുടെ ദൃഷ്ടാന്തത്തിലൂടെ സിദ്ധാന്തങ്ങളെ സമർപ്പിക്കുന്നതിനും ദോഷമുണ്ട് കാരണം എന്തുകൊണ്ട് എപ്പോഴും സിദ്ധാന്തത്തോടെ യോജിക്കുന്ന ഒരു അംശം മാത്രമേ ഉള്ളൂ നിരവധി അംശങ്ങൾ ഒന്നുകിൽ സിദ്ധാന്തത്തിനെ അനുകൂലിക്കാത്തതോ അല്ലെങ്കിൽ സിദ്ധാന്തത്തിനെ എതിർക്കുന്നതോ അല്ല അതാണ് മറ്റു തോരാറുകൾ അതും ഈ പറയുന്ന പോലെ ഈ യുക്തിയിൽ വരുന്ന തോരാറുകളാണ് അതുകൊണ്ടാണ് യുക്തി കൊണ്ട് സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് ചങ്കരർക്ക് ഇതറിയാം അവസാനം പറയുന്നത് തിശ്വരത്തെ യുക്തി കൊണ്ട് ഞങ്ങൾക്കൊന്നും സാധിക്കാൻ പറ്റില്ല ബ്രഹ്മത്തെ ഈ പറയുന്നവര് സിദ്ധാന്തത്തെ ശ്രുതി എന്ന് പറഞ്ഞ് കൈ ഒഴുകുന്നതൊക്കെ മറ്റേ പറയുന്ന എന്താണ് മലയാളത്തിൽ ചൊല്ലെന്താണ് ഉടേൽ ഉടച്ചാൽ വോട്ടിനും കൊണ്ടാണ് ഒരു കലം എന്താണ് യജമാനത്തിയുടെ കൈയൊഴിന്ന് താഴെ ഉടഞ്ഞു അപ്പൊ വേലക്കാരനോട് പറയുക അതെടുത്ത് നീ സൂക്ഷിച്ചു ഓട് നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാം കാരണം ഉടയെ മുടച്ചാൽ വോട്ടിനും കൊള്ളാം പിറ്റേ ദിവസം വേലക്കാരുടെ കയ്യിൽ വേറൊരു കാലം താഴെ നടന്നു അപ്പൊ അവിടെ ചീത്ത അടിച്ചു അപ്പോ വോട് എന്താണ് എന്തിനും കൊള്ളാം എന്നുള്ള ന്യായം അവിടെ ഇല്ല ഇതാണ് ചങ്കരായരുടെ യുക്തി തന്റെ സിദ്ധാന്തത്തിനാണ് അനുഗുണമായി കഴിഞ്ഞാൽ ഓക്കെ മറ്റുള്ളവരുടെ സിദ്ധാന്തത്തെ നിയോജിച്ച ആ ഒരു യുക്തിയാണ് ഇതുപോലെയുള്ള ബാലിസ്യമായ തർക്കം ശങ്കരാചാര്യ രാമാനുജന്റെ ക്ലാസ് പറയാൻ പറ്റും അതുപോലെയാണ് ഈ പറയുന്നത് ഒരേ ആശ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ദൃഷ്ടാന്തം ഉപയോഗിച്ചും ഒരു സിദ്ധാന്തത്തെയും സംരക്ഷിക്കാൻ യുക്തി എന്ന് പറയുന്നത് എവിടെയാ വിജയിക്കുന്നത് യുക്തി എന്ന് പറയുന്നത് വിജയിക്കുന്നത് നമ്മുടെ അനുഭവ തലത്തിൽ അനുഭവ തലത്തിൽ യുക്തി ഒരു പരിവിധി വരെ വിജയിക്കുന്നത് അതായത് ശരിക്കും യുക്തിയുക്തിയാകുമ്പോൾ അതിന് മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് ഒബ്സർവേഷൻ രണ്ടാമത് ഡെഫിനേഷൻ മൂന്നാമത് എക്സ്പെരിമെന്റ് മൂന്ന് ഗുളിച്ചേർന്നാലേ നമുക്ക് ഒരു കാര്യത്തെ ലോജിക്കലായി സമർപ്പിക്കണം അതെല്ലാം എന്തിനാ ലോജിക്കലായി സമർപ്പിക്കുന്നിടത്ത് നമ്മുടെ അനുഭവസിദ്ധമായ കാര്യങ്ങൾ നമുക്ക് അതീതമായ ഒരു കാര്യത്തെ യുക്തികൊണ്ട് സമർത്ഥിക്കാൻ പോയ പരമ മണ്ഡലങ്ങൾ അതാണ് ലോജിക്കും യുക്തിയും നമ്മളുടെ വ്യത്യാസം യുക്തി യുക്തിയെ തന്നെ നിഷേധിക്കും ആ ലോജിക്ക് പോലെ രണ്ടും നമ്മൾ സാധാരണ യുക്തിക്ക് ലോജിക്കെന്ന് പറയും അപ്പൊ ശങ്കരാരോഹിക്കുന്ന യുക്തിയാണ് അല്ലെങ്കിൽ തർക്കം ഇതെ തന്നെ എന്താണ് അത് സ്വന്തം മാലിന്യ വിൽക്കുന്ന സർപ്പത്തെ പോലെ അതിന് അതെത്തിനും നശിപ്പിക്കും എന്തുകൊണ്ട് യുക്തി എന്ന് പറയും നമ്മുടെ അനുഭവ തലത്തിലാണ് നമ്മുടെ ഒബ്സർവേഷന്റെ തലത്തിലാണ് അവിടെ ശരി അവിടെ അത് വർക്ക് പക്ഷേ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന അനുഭവാതീതമായ കാര്യങ്ങളാണ് യുക്തി കൊണ്ട് സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് അനാദിത്യം അനുഭവാതീതമാണ് ബ്രഹ്മം അനുഭവാതീതമാണ് പുണ്യഭാഗം അനുഭവാതീതമാണ് അപ്പോൾ അനുഭവത്തിൻ്റെ പരിമിതിയിൽ നിൽക്കുന്ന യുക്തികൾ ഉപയോഗിച്ച് അനുഭവാതീതമായ കാര്യങ്ങളെ സമർത്ഥിക്കാൻ പോകാന്ന് പറയുന്നത് മണ്ഡലത്തിലാണെന്ന് ശങ്കരാകർക്കും അറിയാം അതുകൊണ്ടാണ് കൂടെ കൂടെ ആവർത്തിച്ചു പറയുന്നത് എന്താണ് എന്താ പറയുക ഇതിശുദ്ധി പറയേണ്ടി വരുന്നതും അല്ല ഇതെന്താ കണ്ടുപിടുത്തമൊന്നുമില്ല ചന്ദ്രാചര്യ എന്നെ കണ്ടുപിടുത്ത പിന്നെ യുക്തി ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എതിരാളികളെ ശങ്കരായത്യ തർക്കം എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്ട്രക്റ്റീവ് ആണ് അതൊരിക്കലും കൺസ്ട്രക്റ്റീവ് അല്ല മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും അതീതമായിരിക്കുന്ന ഒരു കാര്യത്തെ ഇവർക്ക് ആർക്കുണ്ടല്ല ഈ തർക്കത്തിലൂടെ യുക്തിയിലൂടെ ഒന്നും സമർത്ഥിക്കാൻ കഴിയത്തില്ല എതിരാളികളെ പരാജയപ്പെടുത്തണം ആത്മാവ് ഒന്നാണോ അതോ പലതാണോ എന്ത് വ്യക്തിയിലൂടെ അത് സമർത്ഥിക്കും കാരണം ആത്മാവെന്ന് പറയുന്നത് തന്നെ അതീന്ദ്രിയമായൊരു കാര്യമാണ് ഒരിക്കലും പറ്റില്ല ബ്രഹ്മ നിർഗുണമാണോ സഗുണമാണോ യുക്തിയിലൂടെ അങ്ങനെ സമർത്ഥിക്കും അത് സഗുണമായാലോ നിർഗുണമായാലോ അത് യുക്തികളൊക്കെ അവിടെ ഒരുപാടെടുത്ത് പ്രയോഗിക്കുമെങ്കിലും പരാജയപ്പെട്ടു പോകും അപ്പോൾ ഇവരെല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്ന എന്താണ് ഇത് ശ്രുത ചെയ്ത് അത് ശ്രുതി പറഞ്ഞത് നിങ്ങളുടെ ബ്രഹ്മം ബ്രഹ്മം നിർഗുണമാണെന്ന് എങ്ങനെ അറിയാം ശങ്കരാചാര്യ പറയും അത് ശ്രദ്ധ ചെയ്തി രാമാനുചാചാര്യെന്തു പറയും ഞങ്ങൾ ബ്രഹ്മ സഗുണമാണ് എങ്ങനെ അറിയാം ഇത് ശ്രുദ്ധ ചെയ്യേ അവിടെയാണ് പ്രശ്നം ഒരേ ശ്രുതിയെ തന്നെ രണ്ടുപേരും ശ്രുതി ട്രഡീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇവർ ഇത്തരം സിദ്ധാന്തങ്ങളൊക്കെ കെട്ടിപ്പൊക്കി എടുക്കുന്നത് അതുകൊണ്ട് ദൃഷ്ടാന്തം ജാഗ്രത സ്വപ്നം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഇത്തരം ദുർബലമായ വ്യക്തികൾ ഉപയോഗിച്ചോ ഈ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളൊന്നും സമർത്ഥിക്കാൻ ഇവർക്ക് കഴിയത്തില്ല ഒരേ ഒരു വഴിയേ ഉള്ളൂ വിധി ശ്രുദ്ധേ ഒരേ വഴിയിൽ ഈ ഒരു വിഷയത്തെ ഒരുപാട് പറയാനുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ആത്യന്തികമായി ഇവിടെ എത്തണം ഇതൊക്കെ തുടക്കത്തിൽ എത്തിച്ചാൽ എന്നാലും ഇതിനൊക്കെ നിലനിൽപ്പും എന്താണ് തുടക്കം എവിടെ തുടങ്ങുന്നത് ഈ സിദ്ധാന്തങ്ങളെല്ലാം തുടക്കത്തിൽ അവസാനിക്കുന്ന സിദ്ധാന്തങ്ങൾ എന്താണ് തുടക്കം മനസ്സിലാകത്തില്ല തുടക്കം എന്ന് പറയുന്ന വിശ്വാസം ആ വിശ്വാസത്തെ തന്നെ അവർ അവസാനിക്കുന്ന ചിന്താഗ്രഹം അവരെല്ലാവരും പറയും വിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഡിബേറ്റിന്റെ ആവശ്യം അത് ശങ്കരാലയായാലും രാമായുജായാലും എല്ലാവരും പറയും ശങ്കരാലയം നീ ശ്രുദ്ധി ശ്രുതി പറയുന്നു സത്യം തോട് ചെടി ശ്രുതിശ്വരൻ പറഞ്ഞാണ് ശ്രുതി ദൈവം പറഞ്ഞാണ് ആ വിശ്വാസം അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് പോലെയാണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ് അതിന് പരമ്പര അർത്ഥം സങ്കരാലയത്തെ പറഞ്ഞതാണെന്ന് നമ്മൾ വിശ്വസിക്കും അത് പരമ്പര സുഗതിയുടെ അർത്ഥം രാമാനുചാര്യർ പറഞ്ഞാണെന്ന് വിശ്വസിക്കുന്നവർ ആ പരമ്പരയും അപ്പൊ ആ പരമ്പരയും വിശ്വാസമൊക്കെയാണ് ഈ സിദ്ധാന്തങ്ങളുടെ സംരക്ഷണം അതിനപ്പുറം അതിനപ്പുറം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് അത് തീരുമാനിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം എത്ര സമയം വേണോ സംസാരിക്കും ഇതിനപ്പുറം ആർക്കെങ്കിലും അങ്ങനെയൊന്നും പറയാനുള്ളത് ഇത് വിശ്വാസത്തിലാത്തടങ്ങി എന്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറയും സമ്മതമോ ഗതി ശ്രദ്ധ തിട്ട സമാധാനം അവിടെ നിന്നാണ് തുടങ്ങിയിട്ടുണ്ട് അതിന് വരുന്നൊരു പ്രധാനമായ കാരണം സാധനങ്ങളുടെ ശ്രദ്ധ വിശ്വാസം അവസാനിക്കുന്ന ഇവിടെ വിശ്വാസത്തെ വിശ്വസിക്കുന്നു അത് തെറ്റാണെങ്കിൽ ഞാൻ പറയുന്നില്ല മോശമാണെങ്കിലും പറയുന്നില്ല വിശ്വസിക്കാൻ സന്നദ്ധനാണോ എല്ലാ പ്രശ്നങ്ങളോ അവസാനിച്ചു ഏതൊരു വിശ്വസിക്കുന്നുള്ള അവരവരുടെ ഇഷ്ടത്തിൽ വിശ്വസിക്കും ഒരു ശങ്കരായ പറയുന്നതാണെങ്കിലും ഇഷ്ടമെങ്കിലും അത് വിശ്വസിക്കാം രാമാനുചാരൻ പറയുന്നതാണ് രാമാനുചാര്യങ്ങൾ പറയുന്ന ഇഷ്ടം വിശ്വസിക്കും നമ്മൾ വിശ്വസിക്കാൻ സന്നദ്ധനായി തുടക്കത്തിന്റെ അവസാനം വിശ്വാസം യുക്തി എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞൊരു അവസാനം ഇതുപോലാകും സ്വന്തം പക്ഷത്തെ സാധുകരിക്കാനാണെങ്കിൽ അത് യുക്തിയാണ് അന്യപക്ഷത്തെ സാധുകരിക്കാൻ അത് അത് ഉപയോഗിക്കുമ്പോൾ അത് യുക്തിയല്ലാതെ അങ്ങനീ പറഞ്ഞ അനാദിത്വത്തിന്റെ എല്ലാവരും ഈ അനാദിത്വം എന്ന് പറഞ്ഞാൽ മനസ്വീകരിക്കുകയോ ആദ്യം തുടക്കം എന്താണ് ആദ്യത്തെ മനുഷ്യങ്ങനെ ഉണ്ടായി അറിയില്ല എന്നുള്ളതാണ് ആർക്കും അറിയില്ല ഇത് തുടങ്ങി എങ്ങനെ ഒരു മനുഷ്യർക്കും അറിയില്ല ഇതിങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ എന്നെങ്കിലും ഇത് അറിഞ്ഞിച്ചിരിക്കണമെന്നോ എന്നൊരു ഊഹം മാത്രം ആ ഊഹം അതിൽ തുടക്കം അങ്ങനെ ആർക്കും പറയാൻ കഴിയില്ല അപ്പൊ അവിടെ ശരിയായ മറുപടി എന്താണ് അറിയില്ല എന്നുള്ളതാണ് അനാദി എന്നുള്ളതാണ് ശരിയായ മറുപടി അന്ധപരമ്പര എന്നുള്ള അന്ധത എന്ന് അറിയില്ല ഇങ്ങനെ പ്രയിലോട്ട് പോയി പോയി പോയി കാരണത്തിന് അന്വേഷിച്ചു പോയ അവസാനം നമുക്ക് അറിവില്ലായ്മ ഇതിനെ അവസാനിപ്പിക്കുന്നു അതാണ് ശരിയായ ഈ പ്രപഞ്ച സത്യമായാലും ശരി ഈ പ്രപഞ്ചം തുടക്കം മനുഷ്യൻ അതാണ് വളരെ ആർജവമുള്ള ഒരുപാട് ഞാൻ ഒരുപാട് അദ്വൈതികളുണ്ട് ഇഷ്ടാദ്വൈതി അദ്വൈതികളുടെ കുറെ കുട്ടികളൊക്കെ വായിച്ചു എന്നെ കൊണ്ടുപറ്റിയത് ഈ അനാദി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അറിവില്ലായ്മയാണെന്നും ഈ പറയുന്ന ഓരോ ആചാര്യന്മാരെ സംബന്ധിച്ചിട്ടില്ല അത് സംബന്ധിച്ച് ഒരേ ഒരാളെ ഞാൻ വായിച്ചിട്ടുണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അത് ചട്ടം ബിസ്വാമി സ്വാമി എഴുതി വെച്ച് അനാദി എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവില്ലായ്മയെ കുറിച്ച് പറയുക അറിയു വേറെ അർത്ഥമൊന്നുമില്ല മനുഷ്യനൊരു പരിധിവരെ അറിയാൻ പറ്റില്ല അതിനപ്പുറമൊന്നും അറിയാൻ പറ്റത്തില്ല എന്ന് തുറന്ന് സംബന്ധിച്ച് അറിവില്ലായ്മയെ സംബന്ധിച്ചിട്ടുണ്ട് അദ്വൈതത്തെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അവസാനം അറിവില്ലായ്മയിലാണ് എന്ന് പറഞ്ഞാൽ അതിന് വിശ്വാസത്തിലാണ് തുറന്ന് സംബന്ധിച്ച ഒരേ ഒരു ആചാര്യങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് വേറെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല ഞാൻ വായിച്ചിട്ടുണ്ട് അതില്ലെന്ന് അടുത്ത് പറയുന്നു തസ്മ അതുകൊണ്ട് മുക്തായ ബുദ്ധിയോഗായ ഉജസ്വ അതുകൊണ്ട് നീ വേണ്ടി ഉജസ്വ തയ്യാറാകും ഇതേ കാര്യം നിങ്ങളുടെ അടുത്തും പറയുന്നുണ്ട് സമീകത്വാലാ യുദ്ധായുദ്ധം യുദ്ധായുദ്ധ യുദ്ധത്തിന് തയ്യാറാകും നമ്മൾ ഇവിടെ പറയുന്നു യോഗായുദ്ധ രാമാനുജാൻ രണ്ടും ശരിയായ രീതി വ്യാഖ്യാനിച്ചു ബുദ്ധായുദ്ധ്യസം എന്ന് പറഞ്ഞാൽ കൊല്ലാൻ തയ്യാറാകുന്നത് തന്നെയാണ് വ്യാഖ്യാനിച്ചത് ഇവിടെ യോഗായുദ്ധ്യസെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ് ബുദ്ധിയോഗം ബുദ്ധിയോഗത്തിന് തയ്യാറാവും സത്യസന്ധമായി തന്നെ വ്യാഖ്യാനിച്ചു പലരും അങ്ങനെയല്ല ഒരു യുദ്ധായ ഭഗവാൻ കൊല്ലാൻ പറഞ്ഞു യുദ്ധം ചെയ്യാൻ പറയും ഭഗവാൻ സമാധാനം പറയുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുരണ്ട് പരണ്ട് അഭ്യാസങ്ങളാണ് രാമാനുജന ഒരഭ്യാസം പറഞ്ഞു യുദ്ധം ചെയ്യും അന്യേ തയ്യാറാവുന്നു പ്രത്യേകം പറയുന്നു ഇവരെയൊക്കെ കൊല്ലുന്ന എന്തിനായുദ്ധം എന്ത് മിത്രാദികളൊക്കെ കൊല്ലുന്നില്ല ഗുരുക്കന്മാരും കൊല്ലുന്നവരും നീ തയ്യാറാകുമ്പോൾ തന്നെ ഒരു മടിയും ഇടാതെ സംശയമുണ്ടെങ്കിൽ പിറയിലോട്ടൊന്ന് മടച്ചു ഇവിടെ നമ്മൾ യോഗം ഉള്ളതുള്ളതുപോലെ പറയും അതിനാർജവും ശങ്കരാചാര്യോട് വക്രബുദ്ധിയാണ് എന്താണ് പറയുന്നത് യുദ്ധം ചെയ്യുക പറഞ്ഞാൽ യുദ്ധം ചെയ്യുക അല്ല പിന്നെന്താണോ കൊറേ വ്യാഖ്യാന വ്യാഖ്യാന കസരത്തുകൾ കാണിക്കും ഒരു കസർത്തും കാണിക്കുന്ന രാമായു യുദ്ധ സ്വന്തം തയ്യാറാക്കുന്നില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെ യോഗം എന്ന് പറഞ്ഞാൽ യോഗം തന്നെ രണ്ടും ഗീതയിലുണ്ട് ഗീതയില് യുദ്ധമുണ്ട് യോഗവും എന്താ ഉള്ളവ് അടുത്ത പറയുന്ന യോഗ കർമ്മസ് കർമ്മസ് പ്രിയമാണേഷു അയം ബുദ്ധിയോഗം മനസ്സാണ് യോഗം വെച്ചാൽ സമസ്തം എന്താണ് അടുത്ത് പറയുന്ന യോഗ കർമ്മസ് ദോഷ ഇവിടെ യോഗത്തിന് വേറെ വ്യാഖ്യാനം കൊടുക്കും അപ്പോ അതാണ് പറയുന്നത് കർമ്മസ് അത് ഞാൻ അർത്ഥം പറയാൻ പോലും ക്രിയമാണ് ചെയ്യുന്ന കർമ്മങ്ങളെ അയം ബുദ്ധിയൊക്കെ ബുദ്ധി യോഗം എന്ന് പറയുന്നത് കൗശലമാണ് കൗശലത്തിന്റെ നേരിട്ടുള്ള അർത്ഥമാണ് അതിസാമർത്ഥ്യം കൗശലം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് ഒരു മോശമർത്ഥത്തിൻ്റെ പറയുന്നത് കുറുക്കൻ വലിയ കൗശലക്കാർക്കാണ് ചോദിച്ചാൽ നല്ല അർത്ഥമുണ്ട് വക്രബത്തി എന്നൊക്കെയുള്ള അർത്ഥം ആ അർത്ഥമുണ്ട് കൗശലത്തിൻ്റെ അർത്ഥം അതിസാമർത്ഥ്യം നല്ല ആ മനുഷ്യൻ ഈ കൗശലക്കാരൻ വെച്ച ആൾക്കാരെ പറ്റിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം മലയാളത്തിലർത്ഥം വന്നുപോയി ഇവിടെ അങ്ങനെ എല്ലാം അതിസാമർഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല സാമൃത്ഥ്യ അതിസാമർഥ്യ സോ സാമർത്ഥ്യം കൊണ്ട് സാധിക്കേണ്ട ഒന്ന യോഗം എന്നാണ് ഇവിടെ പറയുന്നത് ആദ്യ സാമർഥ്യത്തെ നേടണം ആ സാമർഥ്യത്തിലൂടെ യോഗത്തെ നേടണം അത്തരമൊരു യോഗത്തിന് വേണ്ടി തയ്യാറാകും എന്നാണ് പറയുന്നത് ശങ്കരാരൂടെ ചെറിയൊരു വ്യത്യാസം പറയുന്നത് ശങ്കരാരൻ പറയുന്നത് കർമ്മസംഘോഷം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ബന്ധത്തെ ഉണ്ടാക്കുന്നതാണ് അതേ കർമ്മങ്ങൾ ബന്ധത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതാണ് സാമത്വം കർമ്മം സ്വദേ ബന്ധത്തെ ഉണ്ടാക്കുന്നതാണ് പക്ഷെ യോഗയെന്ത് ചെയ്യുന്നു ആ കർമ്മത്തെ മോചനത്തിനുവേണ്ടി ഉപയോഗിക്കുന്നത് സാമൂഹ്യം അപ്പോ ആ ഒരാശിനകത്ത് വരും കാരണം ബുദ്ധിയോഗം എന്ന് പറയുന്നത് സാമർഥ്യമാണല്ലോ എന്ന് വെച്ചാൽ ഒരു സാമർഥ്യം ഒരു ശേഷം അതിനോട് സാധിച്ചെടുക്കേണ്ട കാര്യമാണ് ബുദ്ധിയോഗം സമത്വം അപ്പോൾ അതിനും ചില തയ്യാറെടുപ്പുകളും ചില യോഗ്യതകളും മനുഷ്യന് ആവശ്യം വന്നാൽ ആ ബുദ്ധിയോഗത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് പറയുന്നത് ശരിയാണ് അർത്ഥം തന്നെയാണ് അതിലും വ്യാപ്തി കൊടുക്കും ഫലത്തിൽ രണ്ടുപേരും പറയുന്നത് ഒരിടത്ത് വരും